അളവറ്റ അരുളാളനും നികരറ്റ അൻപടയോനുമാരുപയൽ തുടങ്ങുക ഈമാൻ കൊണ്ടവർ നിശ്ചയമാറ്റി വെച്ച് വിട്ട് അവർ എത്തയോർന്ന തൊഴുകയിൽ ഉള്ളക്ഷത്തോട് ഇരുപ്പ അവർ വീണാണ് പേച്ചി ആകിയവത്തെ വിട്ട് വിലക്കിപ്പക്കാത്തെയും തവറാതെ കൊടുത്തു വരുവും അവർ തങ്ങളുടെ വെക്കത്തലങ്ങളെ കാത്തിക്കൊള്ളവാരോ അല്ലെ തങ്ങൾ വളക്കരം സ്വന്തമാക്കി കൊണ്ടവുകളോ തവര ഇവം ഉറവകൊള്ളവു കൊണ്ടും നിശ്ചയമാളിക്കപ്പെടുക ആണോ ഇതൊക്കു പുറമ്പ എ അത്തവര മീറിയവൾ ആവാര അവപ്പടക്കപ്പെട്ട അമാതൊരു തങ്ങൾ വാക്ക് കാപ്പാ റുണ്ടു അവർ തം കൊളുകൾ കുറിത്താലും മുറയോട് കേണവയോദാം വാരിദാരും സുവനപതിയെ അനന്തരം കൊണ്ട് അരിലി വീണ്ടും എന്തെങ്കിലും തങ്ങിയ നാം ആദി മനി മണ്ണിൽ ഇരുന്ന് സത്തിനാൽ പഠിച്ചോ പിന്നെ പഠിപ്പിച്ച അവനെ ഒരു പാതുപ്പാടത്തിൽ ഇന്ദ്രിയുളിയാക്കി വെച്ചോ പിന്ന്രിയ തുളിയെ രത്തക്കട്ടിയാക്കോ പിന്ന കട്ടിയെ ഒരു തസൈ പിണ്ടാക്കിനോ പിന്നിണ്ടാക്കിനോ പിന്നെ എലുംബുക്ക് മാമിസത്തെ അണിവിത്തോ പിന്നെ വേറെ ഒരു പടൈപ്പ മനാ ഇവ പടൈത്തവനാണ് അല്ലാഹ് പെരുമ്പാമുടയവൻ പഠപ്പ മിക അഴകാന പഠപ്പാളിൽ പശ്ചയോണിപ്പവളാമിൽ എഴുപ്പും ഉണ്ടാക്കി ഏഴു പാതകളെ തടനാ പഠിത്തോ നമുക്ക് പഠപ്പ നാം എപ്പോഴുമേ പരാമുഖമാ നാം ഇരുക്കില്ല വാനത്തിലിരുന്ന് നാം കിട്ട മഴ നീല ഇറക്കി അപ്പാൽ അതിനെ ഭൂമിയ തങ്ക വയ്ക്കുന്ന നിശ്ചയമാക്കിടവും നാം ശക്തിയുടയോ അതെ കൊണ്ട് നാം ഉച്ച മരങ്ങളും ദ്രാക്ഷെ പോകുന്നവറ്റൈ കൊണ്ട തോട്ടങ്ങളെയും ഉണ്ടാക്കി അവറ്റിൽ ഉണ്ടു ഏരാളി വക അവരുന്ന് പുഷിക്കുന്ന മലയിലിന് ഉണ്ടാകും മരത്തെയും ഉണ്ടാക്കാൻ ഉണ്ടാക്കിനോ അത് എണ്ണയെയും സാപ്പിടുവോക്ക് ഒരു സുവയയും രസത്തെയും കൊണ്ട് മുളക്കുന്നത് നിശ്ചയമാങ്ങൾക്ക് ആട് മാട്ടകം ഉള്ളിയ പ്രാണികളിൽ ഒരു പഠിപ്പിണ അവയു കളിലും പാള നാം ഉൾക്ക് പുകട്ടുകൾ ഉണ്ടാക്കി അനേക പയനുര അവ മാഷത്തിലും കപ്പലുകളിലും ഇന്നും നിശ്ചയമാ നാം നൂക അവരുടെ സമൂഹത്താറിൽ അനുപ്പി വ അപ്പോൾ അവർ തൻ സമൂഹത്താരിടം എൻ സമൂഹത്തവുകളേ അല്ലാഹുമായി വണങ്ങുണ്ടി ഉ നായൻ ഇല്ലേ അവനുക്ക് അഞ്ചാമ ആണോ അവരുടെ സമൂഹത്താറിൽ കാബിലായിരുന്ന തലവുകൾ ഇവർ ഉണ്ടെ പോ മനുതരേ അൻ റി വേറില്ല ഇവർ ഉങ്ങൾ മീത് കണ്യം പെറ വരുമ്പകും അല്ലാഹ് നാടിയിരുന്ന അവൻ മലക്കുകൾ തൂതകളാ അനുപ്പിരുപ്പാൻ മുൻ ഇരുന്ന മൂരാധയം ഇത്തയ വിഷയത്തെ നാം കേൾവിപ്പെട്ടതേ ഇല്ലേ ഇവർ ഒരു പൈറ്റിയക്കാര മനേ അല്ലേ ഇവരുടെ സിദ്ധകാലം പൊറത്തെ ഇവ ഇവർ എന്നെ പൊയ്പിക്ക മുപ്പതിലിന് കാത്തു നീ ഉദവി പ്രാർത്ഥന നമ്മുടെ വൈ അറിവിപ്പടി ഒരു കപ്പീരാണ് കട്ട അടുപ്പ് കൊതിക്കുംബോധി ഒര്ണിയും ആൺ പെൺ ഇരണ്ടിലെ ചേർന്ന ജടയയും ഉമ്മിൽ എവർ മീത് നം തണ്ടിയതോ അവരെ തവരെയും അതിൽ ഏറ്റിക്കൊള്ളും ഇന്നും അനുയായം ചെയ്യുന്ന അവർ എന്നിടം പരിന്ന് പേശാം നിശ്ചയമാറിപ്പോൾ നീരും ഉമ്മുടൻ ഇരുപ്പവുകളും കപ്പലിൽ അമർന്നതും അനുയായക്കാലരാണ് സമൂഹത്താറും എങ്ങനെ കാപ്പാറ്റിയ അല്ലാഹുക്കേ എല്ലാ പുഴും എന്ന് കൂടുവീരാണ് ഇവനേ നീ മുബാരക്കാ മികവും ബാഗ്യമുള്ള ഇറങ്ങും തലത്തിൽ എന്നെ ഇറക്കി വെപ്പായാ നീയേ പത്തിരമാ ഇറക്കി വെപ്പവളിൽ മിക്ക മേലും പ്രാർത്ഥിക്കീരുക അറിയിപ്പ് നിശ്ചയമാവിൽ പല അത്താക്ഷികൾ ഇരിക്കുന്ന നാം ഇവറേ മനുതെ സോദിപ്പവരാണ് പ്രളയത്തിൽ മൂഴകിവിട്ട ഇവർ അടുത്ത് വേറൊരു തലമുറ ഉണ്ടാക്കിനോ അവ നാം അനപ്പിനോ അല്ലാഹുവയെ വണങ്ങുങ്ങൾ അവൻ അൻ ഈ നായൻ ഇല്ല അവനുക്ക് അഞ്ചാമ ആണോ അവരുടെ സമൂഹത്താറുണ്ടായിരുന്ന തലവുകളും ഇന്നും ഇറതി തീർപ്പുരാളെ സന്ദിപ്പതാ അവ നാം അവർ ഉണ്ടെപോന് ഒരു മനിതരേ അന്തി വേറില്ല ഉൺപതയെ അവരും ഉണകര കുടിപ്പതയെ അവരും കുടിക്കാർ ഉണ്ടെ പോവീകളാൽ നിശ്ചയമാഷ്ടവളികളാവീ നിശ്ചയമാറിത്ത മണ്ണാൻ എറുംപുകളും ആന പിന്നെ നിശ്ചയമാങ്ങൾക്ക് വാക്ക് അറിയുവാതി അത് വെതൊലൈവ് വെതൊക്കെയേ ഇവ ഉലകയെ തവര നമുക്ക് വേറെ വാഴ ഇല്ലേ നാം ഇറപ്പോ ഇപ്പോൾ നാം ഉയരുടെ ഇരിക്കോം ആണോ മീണ്ടും നാം ഉയർ കൊടുക്കപ്പെട്ട എഴുപ്പട പോകൾ അല്ല ഇവർ അല്ലാഹുവൻ മീതു പൊയ്യാ ഇട്ട് കട്ടും മനുതരേ അന്വില്ല ഇവരെ നാം നമ്പോർ അവർക്ക് അവർ ഇനേ ഇവർ എന്നെ പൊയ്പടുത്ത മുപ്പടുക എന്നെ കാത്തു നീ ഉദവി പ്രാർത്ഥന സിദ്ധകാലത്തിൽ അവർ നിശ്ചയമാ കൈസേദ പട്ടവുകളായി വിടുവീന അപ്പാൽ ഇടിമുഴക്കം പോതം ഉമ്മയിൽ അവരെ പിടിച്ച് കൊണ്ടത് ൂളങ്ങളാക്കിവിട്ടോ എന അനുയായക്കാല സമൂഹത്താർ ഇര അരുളിലിരുന്ന് തൊലവിലേയേ ആകിവിട്ട അപ്പാൽ നാം അവൻ വേറെ തലമുറയെയും ഉണ്ടാക്കിനോ എന്തൊരു സമുദായമും അതൊക്കെ ഉലിയ തവണയെ മുതവുമില്ല ഇന്ത് ഇല്ലേ പിന്നരും നാം നമ്മുടെ തൂതിയാ അനുപ്പി ഒരു സമുദായത്തിടം അതോതെല്ലാം അവർ അവരെ കൊയ്യാക്കവേ മുടവേ നാം അച്ചമൂഹത്താരെയും അഴിമതി ഒരുവരുക്ക് പൊരുവരാക്കി നാം അവൻവരുവോർ പേശും പഴങ്കളാ നമ്പിക്കൊള്ളാത്ത മക്കൾക്ക് അള്ളാഹുബിൻ റഹമത് നെടുന്തേ ആകും പിന്നെ നാം മൂസാവെയും സഹോദരൻ ഫാറൂനയും നമ്മുടെ അത്താക്ഷികളും അനുപ്രോം പിതാവനത്തും അവരുടെ പ്രമുഖ ഇടത്തിലോ അവർ ആണവം കൊണ്ട് പെരുമയടി സമൂഹത്താറുണ്ടോ നമ്മ ഇവ് മനുഷ്യർ മീതുമാ നാം ഈമാൻ കൊള്ളവത് അതിലും ഇവരുവരും സമൂഹത്താൽ നമുക്ക് അടിവണിന് തൊണ്ടുകൊണ്ടിരിക്കും നിലയിൽ ആകെ ഇവ്വരെയും അവർ പൊയ്പ്പിക്കപ്പെട്ട വിളവായി അവർ അഴിന്തോർ ആയിരുന്നു തവര അവർവഴി പെരുവകൂക്ക് നിശ്ചയമായ വേദത്തെയും കൊടുത്തോ മറയം ഉട മകനെയും അവരുടെ തായാരെയും ഓർ അത്താക്ഷോം അന്വിയും അവരുവരുക്കും വസതിയാണ് നീർ ഉറ്റുകൾ നിലമ്പിയതും തങ്കുവസതിമാുപ്പാങ്ക നല്ലിടത്തെ കൊടുത്തോ നം തൂതൊരുവരിടത്തും തൂതേ നല്ല പൊരുളുകളിലേ ഉണ്ണുങ്ങൾ നല്ല ആളുകൾ ചെയ്യുണ്ടോ നിശ്ചയമാറിപവൻ എന്നും ഇന്നും നിശ്ചയമാൻമാർക്കമാണ് സമുദായം മുഴുവൻ ഒരേ സമുദായം താൻ നമുക്ക് ഉണ്ടോയ്പെക്കുന്നേക്കേ അഞ്ചുങ്ങൾ എറും കൂറിനോ ആനാ അച്ചുദായത്തവറോ തം കാര്യത്തിൽ സിതറണ്ട് തമക്ക് ഇടയേ പല പ്രി പ്രിന് ഒര് പ്രിവിനും മഹിഴ്ചി അടപ്രാലം വരെ അറിയാമേ ആൾക്കാർ വിട്ടുവിടും അവരുടെ കൊടുത്തിനാ ഇവറ്റിൽ നാം അവ നന്മയോം എന്ന ഉള്ളം അഞ്ചുപവറാർക്കോ അവർ ഇന്നും തസനങ്ങൾ മീഡിയ നമ്പറുകളോ അവർ ഇന്നും ഇവർ തം രുക്ക് ഇണയാക്കാതെ അവർ ഇന്നും ഇവർ തം രപ്പിടം താങ്കൾ തുമ്പി ചെല്ല വേണ്ടിയവൾ അഞ്ചും നെഞ്ചത്തിനായ് നാം കൊടുത്തതിലിന് തങ്ങളാൽ ഇയങ്ക മറ്റും അല്ലാഹുവ പാതയിൽ കൊടുക്കാറോ അവർ ഇത്തവം നന്മകളിൽ പക്കം വരെയും അവർ മുന്തുപായും നാം എന്താ ആത്മാവെയും ഏറ്റവാറ് അല്ലാമു നിർബന്ധിക്കോലും ഉമ്മയെ കൊണ്ടും പേശും ഒരു പതിവ് പുത്തകം ഇന്നും അവർക്ക് ഒരു സിതും അനുയായം ചെയ്യപ്പെടാൻ അവരുടെ ഇദയങ്ങൾ ഇതെ കുറിച്ച് അറിയാമേ ആൾക്കുന്ന ഇന്നും അവർക്ക് ഇത് അന്തി അവർ ചെയ്തു വരുംങ്ങളും ഉണ്ട് ഇവ ഉലക അനുഭവങ്ങളിൽ മൂഴിക്കിടപോരെയും വേദനയെ കൊണ്ട് പിടിക്കും പോലും അവർ അവയക്കുരൽ എഴുപ്പത് വരെ അവറേ ആൾന്നു കിടപ്പ് ഇന്ന് നിങ്ങൾ ഉദവിക്കാൻ അവയക്കുറലെ എഴുപ്പാറുണ്ടോ നിശ്ചയമാർ ഉദവി ചെയ്യപ്പെടുക എന്നുടിയ വസനങ്ങൾ നിശ്ചയമാണ്പിക്കാൻ പുറങ്ങാട്ടി കൊണ്ടിരുന്ന ആണവം കൊണ്ടവുകളെ പറ്റി കട്ടക്കഥകൾ പോലീസ് വീൺ വാർത്തയാടിയവർ അതെ പുറക്കണിത്തീർത്തി അവരപ്പെടും കുർഹാന പറ്റി അവർ സിന്ധിച്ച് പാർക്കില്ല അല്ലെങ്കിൽ തം മുന്നവർ മൂതാദയരുതേ അവട്ടതാ അല്ലെങ്കിൽ അവർ തങ്ങളുടെ ഇരുതി തൂതരെ സരിവര അറിഞ്ഞുകൊള്ളാതെ അവരെ നിരാകരിക്കാ ഇല്ല അവർ ഉണ്ടേ അവം വന്നുള്ള അവർ പെരുമ്പാലോ അമ്മയെ വെറുക്കാരും അന്ന ഉടിയ ഇച്ചൈകളെ പിൻപറ്റിന് നിശ്ചയമായ വാനങ്ങളും ഭൂമിയും അവർ ഉള്ളവർ അവ നാം നിലവൂട്ടും നല്ല ഉപദേശമാണ് ദുർ അളിപ്പോൾ തങ്ങളുടെ പുറക്കണിക്കൂലി കേൾക്കുക ഏനും ഉമ്മു കൊടുക്കും കൂലിയേ മികവും മേലാത് ഇന്നും അളിപ്പവിൽ അവനേ മിക്കാനവൻ നിശ്ചയമായ നീർ അവരാണ് വഴിയ പക്കമേ അഴക്ക ഇന്നും എവർ മറയോ നിശ്ചയമാർവഴിയെ വിട്ടു വിലക്കിയവർ ആവർ ആത്ത മീഡിയ കരുവൈ കൊണ്ട് അവർട്ടുപത്തെ നീക്കി വിടുവോമാനാൽ അവർ തും തടുമാറ്റം അടുന്നവരായി തട്ടഴിന്ന് തരുക പലനാ നാം അവ അവർ തങ്ങൾ റബ്ബുക്ക് പണിയവും ഇല്ല താഴ്ന്ന വണങ്ങി പ്രാർത്ഥിക്കും ഇല്ല എതുവരെയും എനി അവർ മീത് കടും വേദനയു വായിലേ കിറന്ന് വിടുവോമാനാൽ അവർ അതോ കാപ്പാകോം എന്നും നമ്പികയെ ഇളിവിടുക ഇന്നും അവനേ ഉച്ചെവിലനെയും പാർകളെയും ഇടയങ്ങളെയും പഠിച്ചവൻ മിക കുറവേ അവനുക്ക് നന്ദി ചെലുത്തുകൾ അവൻതാൻ ഉണ്ടെ ഇപ്പൂമിയ പലി പെരുകെ ഇന്നും അവനിടത്തിലേയേണ്ടു തരട്ടപ്പെടുവീ അവനേ ഉയർ കൊടുക്കാൻ ഇന്നും അവനെ മരണിക്കാൻ ഇരവും പകലും മാറി മാറി വരുവും അവനുക്ക് ഉറിയതേ ഇവറ്റെങ്കിൽ വിളങ്ങിക്കൊള്ള മാറ്റീകള മാറാ മുൻ ഇരുന്തവൈ പോലേ ഇവകളും കൂടു കൂടിയ നാൽപ്പ് മറിച്ച് തടനാ മണ്ണാമോ എലുംബുകളും ആകിവിട്ടാലുമാങ്ങൾ നിശ്ചയമായി എഴുപ്പപ്പെടുവോം എന്ന് അവർ കൂറിനാ മെയ്യാങ്കിൽ അതാവത് നമ്മും എം മൂതാദയറും ഇവറെ വാക്കിക്കപ്പെട്ടിരിക്കോ ആനാൽ ഇത് മുൻ ഉള്ളവരും കട്ടക്കഥകളേ അന്തി വേറില്ല അറിവൂമിയും ഇതിൽ ഉള്ളവരും യാക്ക് ചൊന്തം गल, ീ കേ അല്ലാഹുക്ക് അവർ കൂടുവറായും ഇതെ നിലവിലൊണ്ട് നല്ലുണർവ് കെ മാറ്റീകളാ ഏഴു വാനങ്ങൾക്കും രപ്പും യാ മകത്താക്ക് രപ്പും യാർ എും കേൾപ്പീരുക അല്ലാഹുക്കേ എന്ന് അവർ അവൻ അവനുക്ക് അഞ്ചു പേണി ഇരിക്ക മാറ്റീകളാ എല്ലാ പൊരുക്കളിൽ ആക്ഷിയും യാർഗയിൽ യാർ എല്ലാവരും പാതുപ്പവനാ ആണോ അവനുക്ക് എതിരായ എവരും പാതുക്കടേ അവൻ യാ അറിവീകളായും അതൊക്കെ അവർ ഇത് അല്ലാഹുക്കേ ഉറിയത് എന്ന് കൂടുവെന്തും ഏൻ മതി മയങ്ങുകൾ കേൾപ്പീരാണ് എന്നിനും നാം അവം ഉയേ കൊണ്ടുവന്നോ ആനാ അവയ്യാകേക്കുക അല്ലാഹ് തനക്കെ ഒരു മകനെ എടുത്തക്കൊള്ളവില്ല അവനുടൻ വേറെ നായനും ഇല്ലേ അവൻ അവർ കപ്പനും ഒവ്വോർ നായനും താൻ പഠിച്ചവറ്റൈ തന്നുടൻ സേർത്ത് കൊണ്ടുപോയി ചിലർ ചിലരെവിടെ മികപ്പ്വാറല്ലാം ഇവർ വർണ്ണിപ്പതും അല്ലാഹ് മികവും തൂയവൻ അവൻ മറവാനും ബഹിരങ്കമാനും നനു അറിപ്പവൻ അവർ അവനുക്ക് ഇണയ്പവറ്റൈവിട്ടും അവൻ മികവും ഉയർന്നവൻ നബിയേർ കൂറ് വീരുക ഇളവനേ അവക്കളിക്കപ്പെട്ടതേദനയെ നീ എനിക്ക് കാണിപ്പതായും ഇവനേ അപ്പോൾ എൻ്റെ അന്ത അനുയായക്കാരുകള സമൂഹത്തുടൻ എന്നെ ചേർത്ത് വയ്ക്കാതിരുപ്പായാക അവക്കളിപ്പതായി ഉമക്ക് കാണിക്കുടയോം നാം നബിയേർ അഴകിയ നന്മയെ കൊണ്ട് തീമയ തടുത്തക്കൊള്ളവീരായി അവർ വർണ്ണിപ്പതാം നനു അറിവോ ഇന്നും നീർ കൂർവീര ഇവനേ ഷൈതാനി തൂണ്ടലുകളിൽ ഇന്ന് നാം ഉന്നെ കൊണ്ട് കാവൽ തേടുകേൻ ഇന്നും അവടം നെരുങ്ങാമിരിക്കും ഇവനേ ഉന്നിടം കാവൽ തേടുകേൺ കൂടുവീരാണ് നിരാകരി പോർ പൊയ്മയിലിപ്പതുവരെയാൽ അവർ ഒരുവനുക്ക് മരണം വരുംപോലും അവൻ ഇരവനേ എന്നെ തുമ്പ ഉലുക്ക് തൂപ്പി അനുവായാകൂ നാൻ വിട്ടുവന്നതിൽ നല്ല കാര്യങ്ങളെ ചെയ്തവാണ് അവവാറില്ല അവൻ കൂടുവത് വെറും വാർത്തയെ അന്തി നേരല്ലേ അത്തകയവർ മീണ്ടും എഴുപ്പടും വരെ അവർക്ക് പിന്നാലും പരസപ്പ് എന്നും തടയാന ഒരു നിലക്കൂ എക്കാലം ഊതപ്പെട്ടുവിട്ടാൽ അന് നാളിൽ അവർക്ക് ഇടയേ ബന്ധുത്വങ്ങൾ ഇരുക്കാതെ ഒരുവർക്ക് ഒരുവർ വിസരിത്ത് കൊള്ളവു മാറ്റി എവരുടെ നന്മകളിൽ എടുകൾ ഘനമാനവോ അവനാൽ എവരുടെ നന്മകളിൽ എടുകൾ ഇലേസാവോ അവങ്ങളെയേ നഷ്ടപ്പെടുത്തിക്കൊണ്ടവർ അവ നരകത്തിൽ നിരന്തരമായവർ നരക നെടുപ്പ് അവരുടെ മുഖങ്ങളെ കരി ഇന്നും അവർ ഉദട് സുരുണ്ട് മുഖം വീറമാണെടുപ്പ വസനങ്ങൾ ഉണ്ടു ഓലി കാണിക്കപ്പെടില്ല അപ്പോൾ അവരെ പൊയ്പ്പിക്കൽ ആണീട്ട് കൂറപ്പെടും എങ്ങനെ ഇവ എങ്ങനെ എങ്ങനെയ ദുർഭാക്ഷ്യം മികച്ചുവിട്ടത് ആകിവിട്ടോം അവർ കൂടുവാരനുയായക്കാരേ എൻ അന്വിലേയെ കിടന്നുകൊള്ളു എന്നുടൻ പേശാദീർ കൂടുവാൻ നിശ്ചയമാടിയാറുകളിൽ ഒരു പ്രിവിനു എങ്ങൾ നിശ്ചയമാൻ മീതു ഈമാൻ കൊള്ളോ നീ എങ്ങൾ കുറ്റങ്ങളെ മന്നിച്ച് എങ്ങൾ മീത് കരുവെ കരുവയെല്ലാം നീ മികവും മേലാണൻ പ്രാർത്ഥിപ്പവായി അപ്പോൾ അവർ പരിഹാസത്തിൽ ഉറിയവളാ ആക്കിക്കൊണ്ടീയെനിൽ എൻ നിലവേ ഉ മറക്കലായും അവരെ പറ്റി നിങ്ങൾ ഏളനമാ നഹൈത് കൊണ്ടുമിരുന്ന നിശ്ചയമാരുമയായി അവർക്ക് നാം അതക്കുറിയ നക്കൂലിയെ കൊടുത്തിരിക്കേ ആ എണ്ണിക്കൂമിയാലം ഇരുന്നീട്ട് കേപ്പാൻ ഒരു നാൾ അല്ല ഒരു നാളിൽ സിത് ഭാഗം നാൽപ്പോ ഇതെപ്പറ്റി കണിപ്പവം നീ കേ അവ ഒരു സ്വപ്പകാലം തവര ഭൂമിയങ്ങൾ ഇത് അറിവുണ്ടെങ്കിൽ കൂടുവാണ് നാം ഉണ്ടെ പഠിച്ചതെല്ലാം വീണുക്കാൻ നമ്മുടെ മീട്ടപ്പെടീം എണ്ണിക്കൊണ്ടീവൻ കേപ്പാൻ ആകെ ഉണ്മയിൽ അല്ലാഹ് മിക ഉയർന്നവൻ അവനെ തവര നായൻ ഇല്ലേ കണ്യമിക്കും ഇറവൻ അവനേ മേലും എവൻ അല്ലാഹ ഉടൻ വേറെ നായനെ പ്രാർത്ഥിക്കാനോ അവനുക്ക് അതക്കാർ എവിധ ആധാരമും ഇല്ലേ അവനുടേ കണക്ക് അവനുടേ റപ്പിടം താൻ ഇരുക്ക നിശ്ചയമാറ്റി അടയമാട്ടും ഇവനേ നീ എന്നെ മന്നിത്ത് കരുപെ ചെയ മിക്ക മേലാവൻ എന്റെ നബിയേ പ്രാർത്ഥിപ്പിയാക